അടിച്ചമർത്തപ്പെട്ടവരായിരുന്ന ജനതയ്ക്ക് ഭൂമിയുടെ കിഴക്കൻ പ്രദേശങ്ങളും പടിഞ്ഞാറൻ പ്രദേശങ്ങളും നാം അവകാശപ്പെടുത്തി നൽകി നാം അനുഗ്രഹം ചൊരിഞ്ഞിരുന്നു ഇസ്രായേൽ സന്തതികൾ ക്ഷമിച്ചതിനാൽ അവരുടെ മേൽ നിന്റെ രക്ഷിതാവായ വാഹുസുബാനഹുവറ്റായുടെ നല്ല വാക്ക് പൂർത്തിയായി ഫിറോനും അവന്റെ ജനതയും നിർമ്മിച്ചവയും അവർ പണിത കൊട്ടാരങ്ങളും നാം തകർത്തു കളഞ്ഞു